ം അൻപത് ആസാഫിന്റെ ഒരു സങ്കീർത്തനം ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു സൗന്ദര്യത്തിന്റെ പൂർണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു മൗനമായിരിക്കേയില്ല അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു യാഗം കഴിച്ച് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കിയാൽ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കും എന്റെ ജനമേ കേൾക്ക ഞാൻ സംസാരിക്കും ഇസ്രയേലെ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എന്റെ മുമ്പാകെ ഇരിക്കുന്നു നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ ആയിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറകയില്ല ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്ര ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ ദൈവത്തിന് സ്തോത്രയാകം അർപ്പിക്കാം അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കാം കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം ഞാൻ നിന്നെ വിടിവിക്കുകയും നീ എന്നെ മഹുത്തപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്ടനോട് ദൈവമരുളി ചെയ്യുന്നു നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം നീ ശാസനയെ വെറുത്തു എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞുകളയുന്നുവല്ലോ കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു നിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തിവെക്കും ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളീൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടിവിപ്പാൻ ആരുമുണ്ടാകയുമില്ല സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹുത്വപ്പെടുത്തുന്നു തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും